ജീവിതത്തിനുതകുമാറ് അവന്റെ കലവികളെയും അവൻ്റെ കോശങ്ങളെയും സൃഷ്ടിച്ചു വിടാൻ തയ്യാറായിരിക്കുമ്പോൾ പ്രകൃതിയുള്ള ആ ശാസ്ത്ര കാണാതെ ഞാൻ വളർന്നിട്ട് ഞാൻ പഠിച്ചു വെക്കുന്ന ശാസ്ത്രത്തിലൂടെ എന്റെ മുമ്പിൽ ജനിച്ചു വളർന്നു വന്നു നിൽക്കുന്നതിനെ രൂപപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന മാനവ പ്രകൃതിയെ അതിക്രമിക്കുമ്പോൾ വന്നുപോകുന്ന രോഗങ്ങൾ രോഗാണുകൂടികൾ മനസ്സിലായില്ല ഓരോ അച്ഛനും അമ്മയും അവരുടെ മുമ്പ് ജീവിച്ച അനുഭവങ്ങൾക്ക് ഉതകുന്നയാളെ അല്ല സൃഷ്ടിക്കുന്നത് ആ ജീവിത മാതൃക കടിഞ്ഞുപോയ ആ ജീവിതത്തിന്റെ മാതൃകയിൽ ഒന്നിനെ അല്ല സൃഷ്ടിക്കുന്നത് അവിടെ നിന്ന് അഭിലാഷങ്ങളുമായി ഉതിരുന്ന നാളേക്ക് ജീവിക്കാൻ ഉതരുന്നവനെയാണ് സൃഷ്ടിച്ചുവിടുന്നത് കാലത്തിൻ്റെ അതിക്രമണ ബിന്ദുക്കളിൽ ഈ മലയാളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല ഇത് മനോരാജ്യത്തിലും മംഗളത്തിലും ഒന്നുമില്ല ആ അത്ഭുതം കാണാതെ എന്നെയും ഞാൻ പഠിച്ച ശാസ്ത്ര വിഷയങ്ങളെയും അവ ഗ്രഹിക്കാനുടരുന്ന മനസ്സിനെയും അതിനു പര്യാപ്തങ്ങളായ ഇന്ദ്രിയങ്ങളെയും എൻ്റെ മുമ്പിലെത്തുന്ന ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമായ വിഷയങ്ങൾ അവയുടെ അനന്തകോടി സംയോഗങ്ങൾ അവയെ കാണാനുള്ള കേൾക്കാനുള്ള ഇന്ദ്രിയങ്ങൾ അവയെ സങ്കൽപ്പിക്കുവാൻ സങ്കൽപ്പനങ്ങൾ നടത്തുന്ന മനസ്സ് സ്മൃതിയിലേക്ക് കൊണ്ടുവരുന്ന ചിത്തം അവഗ്രഹിക്കുന്ന ബുദ്ധി ഇവയെല്ലാം ഒരു നൂറായിരം തലമുറകൾ കുടകുമാർ അപ്പുറത്തേക്ക് ചിന്തിച്ച് ആ വിഷയത്തെയും ഇന്ദ്രിയത്തെയും ായ എന്നെയും കൂടി സൃഷ്ടിച്ച എൻ്റെ മാതാവിനും പിതാവിനും പേരിന്റെ അവസാനം എഴുതാൻ അക്ഷരമില്ലെങ്കിൽ അവരറിവില്ലാത്തവരാണെന്നും അവർ സൃഷ്ടിച്ച് അത് അനുഭവിക്കുന്ന ഞാൻ അറിവുള്ളവരാണെന്നും ധരിക്കുന്ന ഒരു വിധിയുടെ അസന്തുലിത സങ്കല്പമാണ് ആധുനിക ശാസ്ത്രം മനസ്സിലായില്ല അതിന്റെ ഗതീയത ഇതിന്റെ ഗതീയത മനസ്സിലായില്ല ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യുന്ന കമ്പ്യൂട്ടറും ഞാനിന്ന് കൈകാര്യം ചെയ്യുന്ന സൈക്കോളജിയും ഞാനിന്ന് കൈകാര്യം ചെയ്യുന്ന പഠനങ്ങളും ഒന്നും എൻ്റെ അച്ഛൻ അറിയില്ല എൻ്റെ അമ്മുമ്മക്കറിയില്ല എൻ്റെ അപ്പൂപ്പനറിയില്ല ഞാൻ പരിണമിച്ചതൊക്കെ പഠിച്ചു എന്ന അവകാശപ്പെടുന്ന അഹങ്കാരിയും അത്പജ്ഞനുമായ ഞാൻ എന്നെയും അതിനെയും സങ്കൽപ്പങ്ങളിൽ എന്റെ കോശാന്തര വ്യാപാരത്തിൽ സൃഷ്ടിച്ചു അതിൽ നിന്ന് വേറിട്ടവനായി നിലകൊള്ളുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ അറിവില്ലായ്മയില്ലെന്ന ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങളുടെ എല്ലാ ഡെവലപ്മെന്റും ചെയ്യുന്ന അവസ്ഥ നിങ്ങൾ ഒരു കഞ്ഞിയുടെ പോലും അവസ്ഥ ശരി കഞ്ഞി തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ തിളപ്പിക്കാൻ അമ്മൂമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇവിടെയും കഞ്ഞിയേയും കഞ്ഞിക്കുള്ള അരിയെയും കലത്തെയും കൂടെ സൃഷ്ടിച്ചിട്ട് നിൽക്കുന്നവളാണ് മനസ്സിലായില്ല ഈ നിഷേധത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രോഗാതുരമല്ലാതെ ആരോഗ്യവാൻമാരാണ് സംഘലിത സംസ്കൃതിയുടെ അനാശ്വാസ്യ തലങ്ങളിൽ വീണുപോയ മാനുഷികത്തിന്റെ നിത്യനൈമിത്യകമായ ദുഃഖത്തിന്റെ പ്രതീകങ്ങൾ മാത്രമാണ് രോഗങ്ങൾ അവയ്ക്ക് നോക്കി അതുകൊണ്ടാണ് എല്ലാ സമയത്തോരങ്ങനെ ഒരു തുള്ളി കണ്ണുനീരും ഒരിറ്റു വെള്ളവും ഒരു വിളയും എൻ്റെ പൂർവജനായി സങ്കല്പിച്ചിട്ട് അതിൽ നിന്നാണ് ഞാനും എൻ്റെ സങ്കേതങ്ങളും എൻ്റെ അറിവും എൻ്റെ ആന്തോളനങ്ങൾ ഉയർക്കൊണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ വരുന്ന ലാഘവവും അറിവിൻ്റെ അനുസ്വതയും ഗോചരമാണ് എൻ്റെ സങ്കല്പ രരഥത്തിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ അനിവാര്യമാണ് ഇല്ലെങ്കിലും എങ്ങനെയത് പയ്യം ചെറുതായിട്ടെങ്കിലും അതിന്റെ രണ്ടിരെയും കൂടെ ബലങ്കര രണ്ടും ഉണ്ട് രണ്ടിനോടും അനുനയപൂർവം വേണം മാതൃസംസ്കൃതിയുടെയും പിതൃ സംസ്കൃതിയുടെയും തലങ്ങളിലൂടെ പിതൃരതിയുടെയും മാതൃരതിയുടെയും തലങ്ങളിലൂടെ രണ്ടു വള്ളത്തിൽ കാല് വെച്ച് സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷം അത് നോക്കിയാലറിയാം കിഴക്കൻ മേഖലയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ആലപ്പുഴ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അവൾ വിവാഹം കഴിച്ചെത്തി അവൾ അവിടെ നിന്ന് ആദ്യം വെള്ളം കുടിക്കുമ്പോൾ അവളുടെ കുട്ടി ആദ്യം വെള്ളം കുടിക്കുമ്പോൾ ക്രോമറ്റോസിസ് ഉണ്ടാകാൻ തുടങ്ങും ആലപ്പുഴ ജില്ലയിൽ നിന്നൊരു പെൺകുട്ടിയെ ആലപ്പുഴ ജില്ലയിൽ ഒരു ആൺകുട്ടി വിവാഹം കഴിച്ച കാലങ്ങളിൽ ക്രോമറ്റോസിസ് ഇല്ല കാരണം ആ സ്മൃതികളിൽ ക്രോമിയം വരുന്നത് സിലിക്ക വരുന്നത് അരിച്ച് കളയാൻ പാകത്തിനുള്ള ജനിതക സംവേദനത്തോടുകൂടിയാണ് ആലപ്പുഴയിലെ വെള്ളം മലിനമാണെന്നും അതിൽ ക്രോമിയം ഉണ്ടെന്നും അതിൽ സിലിക്ക ആ സിലിക്ക കലർന്ന വെള്ളമേ പിള്ളേരും പിള്ളേരുടെ പിള്ളേരും കുടിക്കുകയുള്ളൂ എന്നും ബീജത്തിൽ നേരത്തെ കൂട്ടി അരിഞ്ഞിട്ട് ആ വെള്ളം കുടിക്കാൻ പാകത്തിനുള്ളവനെ സൃഷ്ടിക്കുന്നത് സാധാരണമായൊരു സംയോഗമാണ് ആ സിലിക്കയെ അരിച്ചു കളയാൻ പാകത്തിനുള്ള അരിപ്പകൾ ഇല്ലാത്ത ഒരു സൃഷ്ടിയിൽ വെച്ച് ആ സിലിക്ക ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കയറുമ്പോൾ രോഗാതുരമാകുമ്പോൾ ശാസ്ത്രം ഗവേഷണങ്ങളും പദ്ധതികളും ഒക്കെയായി ഓടി കോടാനകോടി രൂപ ചെലവാക്കി കോടിക്കണക്കിന് ആളുകളുടെ അതിനെ നയിക്കുകയും അതിൻ്റെ പരമ്പരകളെ സങ്കലിത സംസ്കാരത്തിൽ വെച്ച് ചുടുകാട്ടിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോൾ ഒരു നിമിഷാർത്ഥം കൊണ്ട് ആ സാഹചര്യങ്ങളിൽ ജനിക്കുന്ന മാതാപിതാക്കളുടെ ജൈവ ഘടനയെ ഒന്ന് പഠിച്ചിരുന്നു എങ്കിൽ എളുപ്പമാവട്ടെ അന്നേരാണ് അവിടെ ജനിച്ച അതേ മാതാവിൻ്റെയും പിതാവിന്റെയും സന്താനം ആ വെള്ളം കുടിക്കുമ്പോൾ കോശം വിരുദ്ധമാകാതിരിക്കുകയും അത് എനിക്കുള്ള വെള്ളമാണെന്നും അത് പവിത്രമായ ഗംഗാജലം തന്നെയാണ് ഞാൻ കുടിക്കുന്നതെന്നും അവൻ വിചാരിക്കുന്നത് മനസ്സിലായില്ല ഹൈ റേഞ്ചിലിരിക്കുന്ന ഒരു പിതാവ് ഹൈറേഞ്ചിലുള്ളൊരു മാതാവ് ആ പ്രദേശങ്ങളിലേക്ക് മത്സ്യവും മാംസവും കൊഴുപ്പും എത്താത്ത തലങ്ങളിൽ അവൻ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അവൻ കഴിച്ചു കഴിഞ്ഞാലുടനെ അതിനെ പരിണമിപ്പിച്ച് കാർബണേയും ഹൈഡ്രജനെയും ഓക്സിജനെയും ആദ്യം വേർതിരിച്ച് അതിൻ്റെ ഘടകങ്ങളെ എടുത്ത് അതിലേക്ക് തൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥത്തെ ചേർത്ത് കൊഴുപ്പാക്കി രൂപാന്തരപ്പെടുത്തി ആഡിപോസ്റ്റിഷ്യകളിൽ സൂക്ഷിച്ചു വെച്ച് ആവശ്യഘട്ടങ്ങളിൽ വീണ്ടും അതിനെ കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാക്കി പരിണമിപ്പിച്ച് അന്നജമായി ഉപയുക്തമാക്കുമ്പോൾ മത്സ്യവും മാംസവും ധാരാളമുള്ള തീരദേശങ്ങളിൽ ആ മത്സ്യവും മാംസവും കഴിക്കുന്നവൻ കഴിച്ച മത്സ്യവും മാംസവും വീണ്ടും കൊഴുപ്പായി പരിണമിപ്പിക്കേണ്ടതില്ലാത്തതുകൊണ്ട് ജൈവഘടനയിൽ കാർബോഹൈഡ്രേറ്റിനെ കൊഴുപ്പായി പരിണമിപ്പിക്കുന്ന ഘടകമില്ലാത്ത ജനിതക സ്മൃതിയോടുകൂടി ജനിച്ച അവൻ ആ കിട്ടിയ കൊഴുപ്പിനെ തന്നെ അതിൻ്റെ അടിപൊള ശിഷ്യൂകളിൽ സൂക്ഷിക്കുമ്പോൾ തീ ഹൈറേഞ്ചിട്ട് തീരദേശത്തേക്ക് വന്ന് ഈ കാർബോഹൈഡ്രേറ്റ് കഴിച്ച് പരിണമിപ്പിച്ചവൻ ഇവിടെ നിന്ന് കൊഴുപ്പ് കഴിച്ച് അവൻ്റെ ശരീരത്തിലെ കൊഴുപ്പായി പരിണമിപ്പിക്കുവാൻ കാർബോഹൈഡ്രേറ്റിനെ പരിണമിപ്പിക്കുന്ന ഘടകത്തെ പ്രവർത്തനക്ഷമമല്ലാത്ത ആലസ്യത്തിൽ വെച്ച് കൊഴുപ്പിനെ നേരിട്ട് ആടിപ്പോസിലേക്ക് വിടുമ്പോൾ ആയിരം രോഗങ്ങൾക്ക് അവന്റെ ജനിതക കലവികൾ രൂപാന്തരം പ്രാപിക്കും ഇവിടെ ആലപ്പുഴയിലേവനെയും ഹൈറേഞ്ചിലേവനെയും ഏതെങ്കിലും സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നിന്നോ ഏതെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളിൽ നിന്നോ ആ ഒരുപോലെയാണെന്ന് ധരിച്ച് നിഗമനങ്ങളിലെത്തുമ്പോൾ അമേരിക്കക്കാരൻ്റെയും ഇന്ത്യക്കാരിൻ്റെയും പ്രഷറും പ്രമേഹവും ഒക്കെ ഒരേ അളവിൽ വേണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അവൻ്റെ അവാന്തര ഘടനയിലെ പ്രകൃതി ഭാഗങ്ങളെ വിശേഷിച്ച് പഠിക്കാത്ത ടെക്നോളജിഷ്യന്റെ അപകട വിദ്യാഭ്യാസമാണ് ആരോഗ്യത്തിന് ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നത് ഇങ്ങനെ പഠിച്ച ഒരുപാട് നിങ്ങൾക്ക് രസവും എനിക്ക് രസമാണ് ആറേഴ് തലമുറ നോൺ വെജിറ്റേറിയൻ ആയിരിക്കുന്ന ഒരുവൻ ആരോ സാമിയെ പെട്ടെന്ന് വെജിറ്റേറിയൻ ആയാൽ തിരിച്ചാണിക്കാം എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് അവനും ആറേഴ് തലമുറയ്ക്ക് വെജിറ്റേറിയൻ ആയിരിക്കുന്നവൻ േതോ ഒരാളെ കണ്ട് ആരോഗ്യ ശാസ്ത്രത്തിന്റെ ബാലഭാഠം മത്സ്യത്തിലും ധരിച്ചു വലിച്ചു അവന്റെ കോശകോശാന്തരങ്ങളുടെ ജനിതക പ്രക്രിയകൾ അതിനോട് വിഷലിപ്തമായി പെരുമാറുമ്പോൾ അവൻ ആതുര സംസ്കൃതിയും ആതുരത്വവും ഉള്ളവനായിത്തീരും ഒന്ന് മാത്രമോ ശാസ്ത്രമാണെങ്കിൽ രണ്ടും വേണം ആരോഗ്യം എന്നത് പാരമ്പര്യ സംബന്ധമാണ് അത് അയാൾ കഴിച്ച് ശീലിച്ച ആ പാരമ്പര്യ സംബന്ധിയോടുകൂടിയാണ് ഇപ്പൊ ഭോപ്പാലില് അവിടെ ജനിച്ചു വളർന്ന ആളുകള് കഴിക്കുന്ന പച്ചക്കറികളിൽ മിനറൽസ് ഇല്ല അവിടുത്തെ പാവക്കയിൽ നിങ്ങൾ ഇവിടുത്തെ പാവക്കയിലുള്ള മിനറൽസ് ഇല്ല നിങ്ങൾക്ക് മേടിച്ച് പരീക്ഷിക്കാം ഞാൻ പറയുന്ന ഉദാഹരണം വെറുതെ തമാശക്ക് പറയല്ല നിങ്ങക്ക് പഠിക്കാൻ വസ്തുനിഷ്ഠമായ സ്ഥലം ചൂണ്ടിക്കാണിച്ച ആലപ്പുഴയുടെ തിലിക്ക ഞാൻ പറഞ്ഞത് ആലപ്പുഴയിലെ വെള്ളം എടുത്ത് നിന്ന് പരീക്ഷിക്കാം മിനറൽ വാട്ടർ ആലപ്പുഴക്കാരൻ കുടിച്ചാൽ അവന്റെ ജനിതകത്തിൽ അത് പോരാ കുടിച്ച പോലെ തോന്നുക ആ ഒരു ചോയില്ല ആലപ്പുഴയിലെ വെള്ളം നിങ്ങൾ പോയി കുടിച്ചാലും ചോയില്ല മാറ്റം അറിയാൻ പറ്റും എങ്കിലും ഇത് വസ്തുനഷ്ടമാണ് ആരോഗ്യത്തിന് ജനിതക സംബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ അത് നിങ്ങൾക്ക് സമ്മതവും ആയിരിക്കേണ്ടതാണ് ഭോപ്പാലിൽ നിന്ന് പാവയ്ക്കയും വെണ്ടക്കയും വാങ്ങിച്ച് കഴിച്ചാൽ അതിൽ വേണ്ട മിനറൽസ് ഇല്ല അവിടെയുള്ളവൻ കഴിച്ചാൽ അവനത് മതി കാരണം അവൻ്റെ ജനിതകത്തിൽ ഇതിനെ ആ മിനറലുകളായി പരിണമിപ്പിക്കുവാനുള്ള ഘടകങ്ങൾ അവന്റെ മാതാപിതാക്കൾ മുൻകൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ചില്ലറക്കാരല്ല തന്ത്യൻ തല്ലേ ഒന്നും തെങ്ങുകയറ്റക്കാരനായിരിക്കാം തന്ത തൊട്ട് തൊട്ട് നമസ്കരിച്ചോളുക അയൽവക്കത്തെ എഞ്ചിനീയറായ തന്ത്രയെ കണ്ട് ഭ്രവിക്കണ്ട അയളെക്കാൾ മുടിക്കന നമ്മുടെ തന്ത അയാൾ ഒരു ഇത്രയും ഭംഗിയായിട്ട് നമ്മളെ ശരിയാക്കി വിട്ടില്ലേ തൊഴിലയാളത് എങ്ങ് കേറ്റമാ ആയിക്കോട്ടെ പക്ഷെ നമ്മളെ രൂപപ്പെടുത്തി കേൾത്തി ആ എഞ്ചിനീയർ ചിലറക്കാരനൊന്നുമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവര് പറഞ്ഞ സാധനമാണ് അതിനകത്തുമ്പോ ഒരു ഈ സാധനങ്ങൾ എല്ലാം പൊതിഞ്ഞു മൂളിങ് വെച്ചിട്ട നിങ്ങള് പോയി എ ആപ്പൽ ബി ഫോർ എന്ന് പറഞ്ഞ കാലം ജീവിതം കളഞ്ഞത് ഇനി ഒരു അംഗത്തിന് വാക്യമുണ്ട് വരാറങ്ങനെയാ പറഞ്ഞത് സരസ്വതിയാമം കഴിഞ്ഞു സരസ്വതലങ്ങൾ വിടർന്നു വെൺകൊറ്റ കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ച് ഉയർന്നു അവസാനം കവി സന്താപഗ്രനായി ചോദിക്കുന്നതാ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോ ഉണ്ടാവും തീർച്ചയായും മാറ്റപ്പെടുമ്പോൾ കൂട്ടത്തോടെയുള്ള മാറ്റമാണെങ്കിൽ അതും ജനിതകത്തിൽ അവർ സങ്കല്പിച്ചിട്ടുണ്ടോ ഇത്രാം തീയതിയോ മാറുന്നുണ്ടോ വൈയക്തിക മാറ്റങ്ങളാണെങ്കിൽ പിടിയില്ല സാമൂഹിക മാറ്റങ്ങളും ജനിതക സ്മൃതിയിലുണ്ട് ഒരു ഗ്രാമം തന്നെ മാറുകയാണെങ്കിൽ അത് ആ സ്ഥലത്ത് പറ്റാതെ വരുന്ന ഒരവസ്ഥയെ കൂടി ജനിതകത്തിലുണ്ട് അപ്പൊ മാറുന്നത് അനുകൂലമാണ് അത് വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് അതൊക്കെ അതൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ ഇവിടുന്ന് നിങ്ങള് അറുപത് കിലോമീറ്ററിലോടുന്ന ഒരു കാറിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്ററിലോടുന്ന ഒരു ബസ്സിൽ തേക്കടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മുറിഞ്ഞ പുഴ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാലാവസ്ഥയ്ക്കനുസരിച്ച് ശരീരത്തിന് മാറാൻ കഴിയും എന്ന തരം രക്തമുള്ള ജീവിയാണ് മനുഷ്യൻ മനുഷ്യന് ഈ പ്രത്യേകത കൊണ്ട് അതുകൊണ്ട് അതിന് ഹൈബർനേഷനോ ഒക്കെ വേണ്ടി വരും അത്യധികമായ ചൂടുത്തണുപ്പൊക്കെ വരുമ്പോൾ അവ ഹൈബർണേഷനിലാവും കെട മനസ്സിന് വേണ്ട ഹൈബർണേഷൻ എന്ന് പറഞ്ഞാൽ അവ അവയുടെ ശരീരത്തിലെ എല്ലാത്തിനെയും അകത്തേക്ക് വലിച്ച് ശാന്തമായൊരു സമാധിയിലിരിക്കും മണ്ണിനടിയിലും പിന്നെ തൻ്റെ അനുകൂല കാലാവസ്ഥ വരുമ്പോൾ വരും അതുവരെ ഭക്ഷണമൊന്നുമില്ല കോശത്തിൽ ഒരെണ്ണം പോലും പോകില്ല ചത്തും പോകില്ല ഏഹ് എവിടെയെങ്കിലും കാണാം ഒരു ഒരു കൂടുണ്ടാക്കിയൊരു പൊടിയായി ഒരു സാധനം ഇരിക്കുന്നതാണ് ഒരു തുള്ളി തണുത്ത വെള്ളം ഫ്രീസറിൽ നിന്ന് കൊണ്ടുവന്നൊഴിച്ചാ അവൻ ഓടി പോകുന്നതാണ് പുഴുവായിട്ട് ഓടി പോകുന്നതാണ് മറ്റേ അവൻ ഇരിക്കുന്ന അതിന്റെ രോമങ്ങളൊക്കെ വേറെ ചുറ്റും വേറെ വേറെ ആയിട്ട് ഇരിക്കുകയാണ് ആ പുഴുവിന്റെ രോമങ്ങളെല്ലാം പൊടി പോലെ പൊടിഞ്ഞിരിക്കുക സൂഡോ പൊടിയാന്ന് പറയും കണ്ടിട്ടില്ല പൽപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടോ പൽപ്പൊടി വലിയ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല പൽപ്പൊടി കച്ചവടത്തിനും പോയിട്ടില്ല പൽപ്പൊടി വാങ്ങിക്കാനും പോയിട്ടില്ല നിങ്ങളുടെ പല്ലലെ പുഴുവിനെ ലെൻസ് ഇല്ലാതെ പേപ്പറിൽ തുപ്പിയിട്ട് പുഴു ഓടുന്നത് കാണിക്കുന്നോ വലിയ പുഴുവായിട്ട് ഓടുന്നു ഞങ്ങളുടെ പൽപ്പൊടി വായിലിടുക കുലുക്കുഴിയ തുപ്പുക പരസ്യമല്ല ഈ വഴിയിലൊക്കെ നിൽക്കുന്നതാണ് അവൻ തന്നുവിടുന്ന വലപ്പൊടി കൊണ്ട് പുഴുവൊന്നും വലിയല്ല അവൻ നിങ്ങളുടെ വായിലേക്കിടുന്ന പൽപ്പൊടി വായിലിട്ട് കഴിഞ്ഞ് തുപ്പിയാ അപ്പോഴേ കുഴുവിനെ കാണാം ഈ സാധനം ചിരണ്ടിട്ടതാ നിങ്ങളുടെ ഭൂമിനീരിൽ തണുക്കുമ്പോഴേക്ക് അവൻ കുഴുവോ ഈ ആള് കൂടുന്നത് ഒക്കെ കാണാൻ ഇടയിടകെ വെരുവിണേലെ രണ്ടു ഒച്ചയൊക്കെ ഉണ്ടാക്കി ആളിനെ കൂട്ടി രണ്ടു രൂപയ്ക്ക് പരസ്യവില്പന ഞങ്ങളുടെ പൽപ്പൊടി എന്ന് പറഞ്ഞു ഒന്നും കാണാൻ പോയിട്ടില്ല അപ്പൊ ഞാൻ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ കോത്തുകാരാണ് ശരിയല്ലേ എന്നാ ശ്രദ്ധിക്കും അതൊക്കെ പക്ഷെ മനുഷ്യൻ ഒരു കാലാവസ്ഥയിൽ നിന്നും മറ്റൊരു കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ അവന്റെ കോശങ്ങളിലും രക്തത്തിലുമൊക്കെ പരിണാമം ഉണ്ടാവും അതിനനുകൂണമായി ആ മനുഷ്യൻ അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോയാൽ അത്രയും വേഗതയിൽ വേണം ഈ ചേഞ്ചിനെ അവൻ സ്വീകരിക്കാൻ പണ്ടുള്ള ആളുകള് വണ്ടിയെ പോവാണെങ്കിൽ ആ താഴെ കൊണ്ടുവന്ന് നിർത്തും ഒരു ചായ ഒക്കെ കുടിക്കും കണ്ടിട്ടില്ല വണ്ടിക്ക് വല്ല വെള്ളം ഒഴിക്കണ ഒഴിക്കും ഒന്ന് അതിലേക്ക് നടക്കും എന്നിട്ട് ആ കാലാവസ്ഥയിലേക്ക് മെല്ലെ മാറി കയറും കണ്ടിട്ടില്ല ആ കാരണം രോഗം വരാതിരിക്കാനാ നിനക്ക് തിരക്കാണ് അവിടെ നിർത്തിയാൽ നിങ്ങൾക്ക് ധൈര്യം വരും നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരാണ് പഴയ ആളുകൾ വിദ്യാഭ്യാസമുള്ളവരല്ല ഒരു യാത്രയും കഴിഞ്ഞ് വരുമ്പോ സംക്ഷോഭത്തിൽ നിങ്ങൾ ഒട്ടേറെ രോഗവും ഉണ്ടാവും ഇപ്പൊ കോശ വ്യതിയാനത്തിന്റെ ഈ രംഗവേദികളെല്ലാം തിരിച്ചറിയേണ്ടതാണ് ഇപ്പൊ സെൽഫ് പോപ്പുലേഷനൊക്കെ പഠിക്കുമ്പോ ആ കലകളുടെ ോധനകള് ക്രമബംഗത്തിലെ പ്രത്യേകതകൾ നവ്യ കോശ സമൂഹത്തിന്റെ പ്രത്യേകതകൾ ഏകാത്മക കോശങ്ങളെ ഇതെല്ലാം ആ ഡി എൻ എ ഘടകത്തിന്റെ വർധനവിനാവശ്യമായതിനേക്കാൾ കൂടിയ ക്രമഭംഗങ്ങൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പാർഭുതം എങ്ങനെ വരുന്നു എന്നറിയാൻ രോഗങ്ങളെല്ലാം വരുന്നത് അറിയാൻ പ്രത്യേകിച്ച് കോശത്തിന്റെ ഒരു വാർദ്ധക്യം അറിയാൻ ആ കോശം വാർദ്ധക്യത്തിലെത്തിയാൽ ആ വാർദ്ധക്യ സ്വഭാവം അടുത്ത കോശങ്ങൾക്ക് പകർന്നുകൊടു ഇതിന്റെ അവാന്തര പ്രകൃതങ്ങൾ അറിയാൻ ലോക അറിഞ്ഞു വേണം രോഗം പഠിക്കാൻ അല്ലാതെ രോഗം ഇന്നതാണ് അതിന് വെള്ളലിയിലും ഇന്നത് കണ്ടുപിടിച്ചു ഒരാഴ്ചത്തെ കൂടി കണ്ടുപിടിച്ചത് ഫലവത്തല്ല അടുത്തത് കണ്ടുപിടിച്ചു ഇതിനെയും ആ രോഗം അതിക്രമിച്ചു ഈ ബോധതലത്തിന്റെ അനുസ്യൂതയിലൂടെ കടന്നുപോയാൽ ഇതൊക്കെ വെച്ച അവർ പഠിച്ചത് അപ്പൊ മനുഷ്യനിൽ അവന്റെ ദഹനേന്ദ്രിയാഹക ഗഹരങ്ങൾ ഡൈജസ്റ്റീവ് ട്രാക്സ് ദാഹക ഗഹ്വരം ഇപ്പൊ ഒരു മാസത്തിനുള്ളിൽ ആകെ ശരീരത്തോളം തന്നെ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ശരീരത്തോളം കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നു അതാണ് ഡൈജസ്റ്റീവ് ട്രാക്സിന്റെ പ്രത്യേകത അതിലേറ്റവും രസം ചെറുകുടലിലും മറ്റും അഞ്ചു ദിവസം കൊണ്ടുണ്ടായി പറയുന്ന കോശങ്ങളുണ്ട് ക്രിപ്റ്റസ് ഓഫ് ലിബർ കണ്ണെന്നാണ് പറയുക അതിലൊരു രസമുണ്ട് പഴയ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം മൂത്രം പോകാതായാൽ അമ്മ ഉടനെ ചുക്കൊരു കഷ്ണമെടുത്ത് അടുപ്പിലിടും കലലിൽ എന്നിട്ട് അതൊന്ന് ചുട്ടിട്ട് ഒന്ന് ചുട്ടിഞ്ഞെടുത്ത് അതിൻ്റെ പുറത്തെ ചാരവും കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് പിച്ചാത്തിക്കൊന്ന് ചിരണ്ടി കളഞ്ഞ് അതിനൊന്ന് ഒരു ഗ്ലാസ് പാലും നാല് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പേ അതിനകത്ത് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ആകുമ്പോഴത് വാങ്ങും ആ ചുക്കരിച്ചൻ എന്നിട്ട് അതിനകത്തേക്ക് ഗന്ധരോ അസ്താദി ആവണക്കെണ്ണയോ ശുദ്ധമായ ആവണക്കെണ്ണയോ ഒരു ടേബിൾ സ്പൂൺ ചേർക്കും പ്രായമായവർക്കാണെങ്കിൽ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ ആവണക്കെണ്ണ ചേർക്കും എന്നിട്ട് കൊടുക്കും ഇതകത്തേക്ക് എല്ലുമ്പോൾ വയറിളകും ഈ വയറിളകുമ്പോൾ സ്വീകരണ അവയവം എന്ന പോലെ തന്നെ വിസർജന അവയവം കൂടിയായ ചെറുകുട യൂറിക് ആസിഡും യൂറിയയും എല്ലാം പുറന്തള്ളൂ കിഡ്നി വിശ്രമിക്കും കിഡ്നിയിലൂടെ മോളിക്കുളർ കോച്ചുഗേറ്റ് സൈസിലുള്ളത് മാത്രമേ അരിച്ചു പോകുള്ളൂ ഇതിലൂടെ വലുത് അരിച്ചു പോകും കണ്ടിന്യൂസ് ആയിട്ട് വയറിലാകുമ്പോൾ വെള്ളം കൊടുത്തു കൊടുത്തു ഇളക്കും ഇപ്പൊ കാലിലെ നീരൊക്കെ പോവും പാദത്തിലെ കണ്ണിന്റെ തടത്തിലെ നീരൊക്കെ പോവും അപ്പൊ ഈ സാധനം എല്ലാം അരിച്ചം കളഞ്ഞുകഴിഞ്ഞ് ഒരൽപം കഴിയുമ്പോൾ കുറച്ച് മൂത്രം പോകണം കിഡ്നി അതിന്റെ വിശ്രമം വിട്ടെഴുന്നേക്കും അപ്പൊ ഇവനെയും കൊണ്ട് ഡയാലിസിന് പോണ്ട ഇവന്റെ ക്രിയാറ്റിനിൻ കൂടില്ല ഇവന്റെ യൂറിയ കൂടില്ല ഇവന്റെ കിഡ്നി എളുപ്പത്തിൽ ഉറക്കി ഈ വയറിളകിയിട്ടും പോയില്ലെങ്കിൽ അമ്മ കുമ്പളകത്തിന്റെ കുരുവിടുത്തരച്ച് ആ നാവിക്ക് താഴെ പരട്ടും അതിൽ പോയില്ലെങ്കിൽ ഒരു കുമ്പടങ്ങയോ വെള്ളരിക്കയോ മുറിച്ച് അതിന്റെ മാർണി അകത്തൊരു സാധനമുണ്ട് അതങ്ങ് വെച്ച് കെട്ടും അപ്പോയോ മൂത്രം ഒഴിക്കും ഇല്ലെങ്കിൽ കുറച്ച് ബാർലി വെള്ളം കൊടുത്തു വന്നു ഇതിലൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു കട്ടില് മുട്ട എടുത്തുണ്ടെന്ന് മെല്ലെ ഒന്ന് ഞരടി ആ മൂത്രദ്വാരത്തിലേക്ക് കയറ്റി നിന്നു സെക്കൻഡ് വെച്ച് മൂത്രം ഒഴിക്കും കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല കേട്ടിട്ടുള്ള ഒരു പ്രായമായ വയ്ക്കുന്നത് വെള്ളരിക്കുന്നത് ചില നാടുകളിൽ എലിപ്പുഴുക്കെന്നാ പറയ അപ്പൊ അവിടെ ആ ക്രിസ്കൻ അഞ്ചു ദിവസം കൊണ്ട് പണിതീർത്ത് മറയുന്നതാണ് ആഘോഷന അധികാലില്ല അഞ്ചേ ദിവസം കണ്ടു അയ്യഞ്ച് ദിവസം കൂടെ പോകാൻ പുനരുണ്ടാവും അതുപയോഗിച്ചാണ് ഈ ശോധനാ പ്രക്രിയയെ കൃത്യമാക്കുന്നത് പഴയകാലത്തെ എം ബി ബി എസ് ഡോക്ടർമാർ ഇത് തന്നെ എഴുതിരുന്നത് പഴയ കാലത്തെ ആയുർവേദക്കാർ ഇതു അന്നൊന്നും ഈ യൂറോളജിസ്റ്റും നെമറോളജിസ്റ്റും ഡയാലിസിസ് ഉപകരണങ്ങളും ഒന്നുമില്ല ഇപ്പൊ ഇതൊക്കെ വന്ന കാരണം ആരെങ്കിലും അറിയാവുന്ന ഡോക്ടർമാരുടെയൊക്കെ ചെന്നാലും അവര് ഒരു റഫറൻസ് കുറിച്ച് തരും പയ്യവേലി നമ്മളെന്തിനാ അതിനുവേണ്ടി കേസ് പിടിക്കാൻ പോകുന്നു ഓ ഇവൻ തുടയണ്ടെ കാരണം ഇവനും ആഗ്രഹമാണ് കാശിങ് കൊണ്ട് പോക്കറ്റ് നിറയാണ് അപ്പോ അങ്ങോട്ട് കുറിച്ചില്ലെങ്കിൽ അയാൾക്ക് വിവരമില്ലെന്ന് പറയും അതുകൊണ്ട് ഇവനെ ഒരു റെഫറൻസ് എഴുതി കൈ കൊടുക്കും ഇതുംകൊണ്ട് അവിടെ ചെല്ലും ആദ്യമേ തുടങ്ങും ഇതൊരു പത്ത് നാലഞ്ച് കൊല്ലം ആകുമ്പോഴേക്ക് മാറ്റി വെക്കാമെന്ന് തീരുമാനിക്കും ആരുടെയെങ്കിലും മേടിച്ചു വെക്കും പിന്നെ കുറെ ഇഞ്ചക്ഷൻ എടുക്കും അപ്പോഴൊക്കെ ജീവിക്കുന്നു എന്ന് പറയുന്നെങ്കിലും ഇവനെ കൊണ്ട് ഭാര്യയ്ക്കോ പിള്ളേർക്കോ ഒക്കെ ഉപദ്രവല്ലാതെ ഉപകാരമൊന്നുമില്ല പോയി കിട്ടിയാൽ വേറൊരു തന്റെ പുറകെങ്കിലും പോകാൻ ഇതിന്റെ കാരണം പറഞ്ഞു ചികിത്സ ഇതല്ല അവനെ ആരോഗ്യത്തിലേക്ക് കൊണ്ടിരുന്ന ആ ചികിത്സ അവരമ്മക്ക് കഴിഞ്ഞിരുന്നു വളരെ നിസ്സാരമായി അപ്പൊ അമ്മ പഠിച്ച് അനാറ്റമിയും ഫിസിയോളജിയും കാരണം ഈ കിഡ്നിയെ അവിടെ വെച്ച് ചെറുകുടലിനെ ഉപയോഗിച്ച് ചെയ്യാം കൊച്ചു കുട്ടിയെ ഒക്കെ ആണെങ്കിൽ അമ്മ അവർ കുറെ കൂടെ എടുക്കരാ തുണി നനച്ച് പൊതിയും വെള്ളത്തിൽ കിടത്തും കണ്ടിട്ടില്ല കിഡ്നി ഔട്ടായ നേരെ വെള്ളത്തിലേക്ക് കിടക്കും എന്നിട്ട് ആ വെള്ളം നോക്കിയാൽ അതിന് പുളി ഉണ്ടാവും അതിലുപ്പുണ്ടാവും അതിൽ യൂറിയ ഉണ്ടാവും കാരണം അവശ്യ സന്ദർഭത്തിൽ കിഡ്നിക്ക് പകരം തൊക്കി പ്രവർത്തന ഏറ്റെടുക്കും ഇത് അമ്മയ്ക്കറിയാം വൈദ്യനും ഡോക്ടർക്കും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു വരിക ഇപ്പൊ ചെറുകൊടൽ പ്രവർത്തിപ്പിച്ച് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുക കാരണം ഇവിടെയെല്ലാം കോശങ്ങൾ തമ്മിലൊരു പാരസ്പര്യമുണ്ട് ഞാൻ പണിതും അടുത്തിരിക്കുന്നു എന്നിൽ എന്തൊക്കെയോ ഒന്ന് ചാടിയിരിക്കുന്നു എനിക്കനങ്ങാൻ മേല നീ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ ഒടുമ്പ രക്ഷപ്പെട്ട് വരട്ടെ എന്ന് പറയുന്ന ആ ബന്ധങ്ങളെല്ലാമാണ് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ തകർത്ത് കളഞ്ഞത് എന്നിട്ട് അതിൻ്റെ മഹത്വം പറഞ്ഞാൽ നിങ്ങൾ അക്ഷരം കൂട്ടി നടക്കുന്നത് അതാ പറഞ്ഞു മാസത്തിൽ ഒരു ദിവസം വന്ന് ഈ ദഹിക്കാത്തതൊക്കെ ഒരു മാസം മുഴുവൻ ദഹിക്കാതെ വെളിക്കറങ്ങി പിന്നെ ആകെ വിഷമമായി വീണ്ടും അടുത്ത മാസം വീണ്ടും വരുമ്പോൾ അങ്ങനല്ലേ അല്ല ദയിക്കുന്നുണ്ട് ഇപ്പഴും ചെയ്യുന്നവരുണ്ട് പഴയ ആളുകൾ അതവ ഇപ്പഴും ചെയ്യുന്നവരുണ്ട് അത് നിങ്ങളുടെ ചേച്ചിയുടെ മോന്റെ മാത്രല്ല ഇപ്പഴും ചെയ്യുന്നവരുണ്ട് അല്ല ഇപ്പഴും ചെയ്യുന്നവരുണ്ട് പക്ഷെ നിങ്ങൾ പോവില്ല പോവില്ലെന്ന് മാത്രല്ല എനിക്ക് അവർ നിങ്ങൾ അവർക്ക് ും ചെയ്യുന്നവരൊക്കെ ധാരാളം ഉണ്ട് ചെയ്യാൻ അറിയാവുന്നവരുമുണ്ട് ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഒരു സ്കാനിങ്ങോ എക്സ് റേയോ ഒക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ തെരുവിളിക്കറിയോ നിങ്ങൾ അങ്ങോട്ട് ഇല്ലുമ്പോഴേ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതൊന്നും അറിയാൻ വേണ്ടാത്ത ഡോക്ടർ ഇയാളെവിടുന്ന് ഡോക്ടർമാരുടെ കുറ്റം പറയണ്ട അവരും നമ്മുടെ കൂട്ടത്തിലുള്ളതാണ് നമ്മളുടെ പനി പകർപ്പുകളാണവർ നമ്മളാണ് അവരെ ഇത് പഠിപ്പിച്ചത് ഒന്നും മേടിക്കാതെ ഭംഗിയായെടുത്താണ് വേണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ഞാൻ ഞാനും കുറ്റമല്ല പറഞ്ഞേ നമ്മളാണിങ്ങനെയാക്കിയത് അതുകൊണ്ട് ആദ്യം ചിന്തിക്കേണ്ടത് നമ്മളെങ്ങനെ നമ്മളായെന്നാണ് ആ അപ്പൊ അത് പഠിച്ചാൽ എളുപ്പം എൻ്റെ സാമൂഹികത വേറെ വിഷയമാണ് അതുകൊണ്ട് അപ്പൊ ഷുഗറിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് അല്ല ഇവിടെ ആ ഒറ്റ സ്റ്റാൻഡാർഡിലേക്ക് ഇതിനെ മുഴുവൻ കൊണ്ടുവരുമ്പോ വലിയ പ്രശ്നമാകും അന്ന് സംശയമില്ല തന്നെ അത് ഏറ്റവും രസമാണ് ഞാൻ നിങ്ങൾ എന്റെ അടുക്കൽ വന്നു ഞാൻ ഒരു ഡോക്ടറാണെന്ന് സങ്കല്പിക്ക നിങ്ങൾ എന്റെ അടുക്കൽ വന്നു ഞാൻ നിങ്ങളുടെ പ്രശ്നം നോക്കി നാൽപ്പത് ആ നൂറ്റി പത്ത് നിങ്ങളുടെ പ്രശ്നം നിങ്ങളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവിടുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നില്ല ഈ പ്രശ്നം മാത്രം നോക്കുന്നു കുറവുണ്ടോ യർപ്പടക്ക് വരുന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് തലവേദന ഉണ്ടോ ഇല്ല മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടോ ഇല്ല ഒന്നുമില്ല നോർമലായി നിങ്ങൾ ജീവിക്കുന്നുണ്ടോ ഉണ്ട് എന്തിനാണോ താങ്കെന്തെങ്കിലും നോർമൽസിയിൽ നിന്ന് വ്യത്യാസം വരുമ്പോ ഇതൊക്കെ നോക്കുന്നത് കൊള്ളാം അല്ലെ താനെന്തിനായി ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ഉടനെ പറഞ്ഞു ഈ നൂറ്റി പത്ത് നൂറ്റി ഞാൻ ഉടനെ കുറച്ച് മരുന്ന് തോന്നും അപ്പോഴും നൂറ്റിപ്പത്ത് നൂറ്റി തൊണ്ണൂറ് ഇരിക്കുകയാണ് ഒരു പതിനഞ്ച് ദിവസം കഴിച്ചിട്ട് നിങ്ങൾ വന്നു നൂറ്റിപ്പത്ത് നൂറ്റി തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങ് നിർത്താൻ നിർത്തിയപ്പോ നൂറ്റിപ്പത്ത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി ഇരുപത് ഇരുന്നൂറായി അഴു കഴിക്കണം കഴിക്കാറില്ല എന്നാ പറഞ്ഞു നോർമൽ ആക്കിയേ പറ്റുള്ളൂ രണ്ടെണ്ണം കഴിക്ക രണ്ടെണ്ണം കഴിക്കേണ്ടതാണ് അപ്പൊ അതിൽ നിന്ന് പറഞ്ഞപ്പോ അത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി മുപ്പതായി നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി പത്തായി അല്ലെ ഇരുന്നൂറ്റി ഇരുപതായി ഇനി ഇതിൽ നിങ്ങൾക്ക് മോചനമില്ല അത് നൂറ്റിപ്പത്ത് നൂറ്റി നിങ്ങൾ കുഴപ്പമില്ലാതിരുന്ന ആണ് ഇപ്പൊ തലവേദനയുണ്ട് നിർത്തിയാൽ കഴിച്ചാൽ മൂത്രം പോവാൻ തടസ്സവും കാലും ഉണ്ട് അപ്പൊ വേറെ രണ്ടെണ്ണം കൂടെ മറിച്ച് നിങ്ങൾക്കോ ഇത് എഴുതി തരുന്നയാളിനോ ചിന്തയുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ തെഴുതി കൊടുക്കുന്നത് അവന് നിലവിലുള്ളതിനേക്കാൾ സുഖം കിട്ടണം അവന്റെ പരാമീറ്റർ ശരിയാക്കിയാൽ പോരാ അത് പല കാരണങ്ങളാൽ വരാം ജനിതക ഘടകം ആ ജനിതക ഘടകം പല പോരാ